ഭഗവത്ഗീതയിലെ ആറാം അധ്യായം നമ്മളിന്ന് പൂർണ്ണമായും ചർച്ച ചെയ്യുകയാണ് ഓരോ അധ്യായത്തിലെയും വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയും തത്വമസി എന്ന മഹാവാക്യവും തമ്മിലുള്ള ബന്ധമാണ് ഭഗവത്ഗീത തത്വമസി എന്ന പ്രസിദ്ധമായ മഹാവാക്യം വേദത്തിലെ ഉപനിഷത്തിലെ മഹാവാക്യത്തിൻ്റെ വിവരണമാണ് എന്ന് പല പണ്ഡിതന്മാർക്കും അഭിപ്രായമാണ് ഛാന്ദോക്യോപനിഷത്തിലെ ആറാം അധ്യായത്തിലെ മഹാവാക്യമാണ് തത്വമസി അവിടെ ഉദ്ദാലകൻ എന്ന പിതാവ് മകനായ ശ്വേതകേതുവിന് ഒൻപത് പ്രാവശ്യം ആവർത്തിച്ച് ഉപദേശിക്കുന്ന മഹാവാക്യമാണ് അത് ഒൻപത് പ്രാവശ്യവും പ്രത്യേക ദൃഷ്ടാന്തങ്ങൾ എടുത്തു കാണിച്ച് സംശയമെല്ലാം തീർത്ത് ഒരു ലാബറട്ടറിയിൽ ശാസ്ത്രജ്ഞൻ എങ്ങനെ പരീക്ഷണങ്ങളിൽ കൂടി സിദ്ധാന്തങ്ങൾ കുട്ടികൾക്ക് വിവരിച്ചു കൊടുക്കുമോ ആ നിഷ്കർഷയോടു കൂടി അച്ഛൻ മകന് തത്വമസി ഉപദേശിക്കുകയാണ് തത്വമസിന്ന് വെച്ചാൽ അത് നെയ് തന്നെ എന്നാണ് അർത്ഥം തത്സ് അത് ടും നീ അസി ആകുന്നു അത് നെയ്യാകുന്നു ഇതാണ് മഹാവാക്യത്തിൻ്റെ അർത്ഥം മഹാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തത്വമസി ശബരിമല നടയിൽ വലിയ അക്ഷരത്തിൽ ദേവനാഗരി ലിപിയിൽ തത്വമസി എഴുതി വച്ചിട്ടുണ്ട് എന്താണ് ശബരിമലയിൽ ഇങ്ങനെ എഴുതി കാരണം ഇവിടെ അയ്യപ്പനെ അന്വേഷിച്ച് വരുന്നവരുടെയും ഒക്കെ പരമലക്ഷ്യം ഈ തത്വമസി സാക്ഷാത്കരിക്കുകയാണ് അത് നീ തന്നെ എന്ന മഹാവാക്യ താത്പര്യം അനുഭവിച്ചറിയുകയാണ് അതിനാണ് അതിൻ്റെ പ്രാരംഭദശ എന്ന നിലയിൽ ശബരിമല അയ്യപ്പനെ അന്വേഷിച്ച് പോകുന്നത് തത് അത് അതെന്നുവെച്ചാൽ നിലനിൽപ്പിൻ്റെ ആകെ പരമ കാരണമായ ബ്രഹ്മം അഥവാ പരമാത്മാവ് പരമാത്മാവ് ബ്രഹ്മം പരബ്രഹ്മം എന്നൊക്കെ പറയുന്നതൊന്നു തന്നെ ആ പരമാത്മാവ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കി ബ്രഹ്മം അഥവാ ആ പരമാത്മാവ് കുഞ്ഞെ നീ തന്നെ അതാണ് അപ്പോൾ ഈ പരമാത്മാവ് ബ്രഹ്മം നീ തന്നെ നമ്മളൊക്കെ അതു തന്നെ ഒരു വ്യത്യാസവും ഇല്ല ച നമുക്കത് പൂർണ്ണമായി സാക്ഷാത്കരിച്ചനുഭവിക്കാൻ കഴിയും എന്ന് അർത്ഥം ഇതിൽ മഹാവാക്യത്തിൽ മൂന്ന് വാക്കുകളാണുള്ളത് തത് ത്വം അസീ ഭഗവത്ഗീതയെ ആറ് ആറ് അധ്യായങ്ങളായി തിരിച്ചാൽ മൂന്ന് ആദ്യത്തെ ആറദ്ധ്യായം പിന്നത്തെ ആറധ്യായം പിന്നെ ആറധ്യായം അങ്ങനെ പതിനെട്ടധ്യായം ആദ്യത്തെ ആറധ്യായം നീ എന്ന വാക്യത്തിലെ പദത്തിൻ്റെ വിവരണമാണ് രണ്ടത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ആറാധ്യായം എടുത്ത് തീർത്തിരിക്കുകയാണ് ഈ ആറാധ്യായവും നീ അതായത് ജീവാത്മാവും അതിൻ്റെ വിവരണമാണ് പിന്നത്തെ ആറധ്യായവും അതായത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള ആറധ്യായവും അത് പരമാത്മാവ് ബ്രഹ്മം എന്നതിൻ്റെ വിവരണമാണ് നിലനിൽപ്പിനാകെ ആശ്രയമായി വർത്തിക്കുന്ന അഖണ്ഡ ബോധം ബ്രഹ്മം അതാണ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായത്തിൻ്റെ താൽപ്പര്യം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മറ്റ് ആറ് അധ്യായങ്ങളുടെ താല്പര്യം ജീവ ബ്രഹ്മ ഐക്യം അസി ആകുന്നു നീ അതാകുന്നു ആകുന്നു എന്നുള്ളത് ജീവ ബ്രഹ്മ ഐക്യമാണ് ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെ ആ ഐക്യം ചർച്ച ചെയ്യുന്നതാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള മറ്റ് ആറ് അധ്യായങ്ങൾ ഈ മഹാവാക്യം ശാന്തോഗ്യ ഉപനിഷത്തിൽ ആറാം അധ്യായത്തിലെ പ്രധാന വിഷയമാണ് ആറാം അധ്യായം തത്വമസി അധ്യായമാണ് ഉദ്ദാലകൻ എന്ന പിതാവ് മകനായ ശ്വേതകേതു ശ്വേതകേതുവിനെ പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനടുത്ത് വിളിച്ചു മകനെ ഇങ്ങനെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടിയാൽ പറ്റില്ല നീ ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കണം അല്ലെങ്കിൽ നിന്നെ ആളുകൾ ബ്രാഹ്മണനായി കണക്കാക്കുകയില്ല അതുകൊണ്ട് ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിക്കാനായി പൊയ്ക്കൊള്ളൂ ശ്വേതകേതു അത് കേട്ട് വിദ്യാഭ്യാസത്തിനായി ഗുരുകുലത്തിലെത്തി പന്ത്രണ്ട് കൊല്ലം അവിടെ വിദ്യാഭ്യാസം കഴിച്ചുകൂട്ടി ഇരുപത്തിനാലാം വയസ്സിൽ ശ്വേതകേതു തിരിച്ചു വരികയാണ് ആശ്രമത്തിൽ അപ്പോൾ അച്ഛൻ ആശ്രമത്തിലിരുന്ന് മകനെ നോക്കിക്കണ്ടു അപ്പം മകനെ നോക്കിയപ്പോൾ എന്താ അവൻ്റെ മുഖത്തൊരു വലിയ അഹംഭാവത്തിൻ്റെ ലക്ഷണം ഇന്നത്തെ വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും വലിയൊരു ന്യൂനത അതാണ് വിദ്യാഭ്യാസം വിനയം ഉണ്ടാക്കണം അതില് വിദ്യാഭ്യാസം കഴിയുമ്പോൾ വലിയൊരു അഹങ്കാരമാണ് വിദ്യാർത്ഥിയുടെ മുഖത്ത് നഴലിച്ച് കാണാൻ ഇടയാകുന്നത് അപ്പോൾ അച്ഛന് അല്പ കുണ്ഠിതം തോന്നി ഇവൻ പന്ത്രണ്ട് കുലരം ഗുരുകര വിദ്യാഭ്യാസം കഴിഞ്ഞ് വരികയാണ് മഹാമനാഹ അനൂചാനമാനേ സ്തബ്ധയായ എന്നാണ് ഉപനിഷത്ത് പറയുന്നത് മഹാമനാഹ നല്ല മൂന്ന് വാക്കുകളാണ് ഓർമ്മിച്ചോളുക മഹാമനാഹ എന്ന കവിഞ്ഞേ ലോകത്താരുമില്ല എന്നൊരു ഭാവം മുഖത്ത് അതാണ് മഹാമനാഹ അനൂചാനമാനേ എനിക്കിനി ആരും ഒന്നും പറഞ്ഞു തരാനില്ല ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്തബ്ധ മൂന്നാമത്തേത് സ്തബ്ധാനാരുടെ മുമ്പിലും തലകുനിക്ക് ഇല്ല എന്ന ഈ ഭാവങ്ങൾ അപ്പോൾ എന്നെ കവിഞ്ഞ ആരുമില്ല എനിക്കിനി ആരും ഒന്നും പറഞ്ഞു തരാനില്ല ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്ക് ഇല്ല ഈ ഭാവങ്ങൾ മകൻ്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടു അച്ഛന് സങ്കടം തോന്നി പന്ത്രണ്ട് കൊല്ലം വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ വലിയ അഹങ്കാരവുമായിട്ടാണല്ലോ മകൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വരുന്നത് മകനെ അടുക്ക വിളിച്ചു മോനെ നീ പന്ത്രണ്ട് കൊല്ലം പഠിച്ചല്ലോ ആ ഒരു പ്രത്യേക കാര്യം നീ നിൻ്റെ നിൻ്റെ ഗുരുക്കന്മാർ നിനക്ക് പറഞ്ഞു തന്നില്ലേ ച പ്രധാനമായും പഠിപ്പിക്കേണ്ട ഒരു കാര്യം അത് പഠിച്ചിരുന്നെങ്കിൽ ഈ അഹങ്കാരം വരുമായിരുന്നില്ല മകൻ ചോദിച്ചു ഓ അതൊന്നും അങ്ങനെ ഒരു കാര്യം അതെ കേട്ടാൽ എല്ലാം കേൾക്കപ്പെട്ടതാകുമോ മനനം ചെയ്താൽ എല്ലാം മനനം ചെയ്യപ്പെട്ടതാകുമോ ഏതിനെ അറിഞ്ഞനുഭവിച്ചാൽ എല്ലാം അറിഞ്ഞനുഭവിച്ചതിന് തുല്യമാകുമോ ആ വസ്തുവിനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ എൻ്റെ ഗുരുക്കന്മാർ അത് നിനക്ക് പറഞ്ഞു തന്നില്ലേ വാസ്തു ഉപനിഷത്ത് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വലിയ പണ്ഡിതന്മാരും വിദ്വാൻമാരും എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് വിദ്യാഭ്യാസം അങ്ങനെ ഒരു വസ്തു ഉണ്ടോ ഒന്നിനെക്കുറിച്ച് കേട്ടാൽ എല്ലാം കേൾക്കപ്പെട്ടതായി ഒന്നിനെ മനനം ചെയ്താൽ എല്ലാം മനനം ചെയ്യപ്പെട്ടതായി ഒന്നിനെ അറിഞ്ഞനുഭവിച്ചാൽ എല്ലാം അറിഞ്ഞ അനുഭവിച്ചതിന് തുല്യമായി മകൻ ചോദിച്ചു മകൻ പറഞ്ഞു അച്ഛന്മാരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അത് അറിയാമെങ്കിൽ അങ്ങ് തന്നെ അതെനിക്ക് പറഞ്ഞു തരൂ അങ്ങനൊരു വസ്തു ഉണ്ടോ അച്ഛ ഒന്നിനെക്കുറിച്ചറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടങ്ങൾ മുമ്പണിച്ച് അച്ഛൻ അത് തെളിയിക്കുകയാണ് കുഞ്ഞെ മണ്ണുകൊണ്ട് എല്ലാം ലളിതം നമുക്ക് നല്ലവണ്ണം പരിചയമുള്ള ദൃഷ്ടാന്തങ്ങൾ മണ്ണ് കൊണ്ട് അനേകം പാത്രങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ഒരുപാട് വസ്തുക്കൾ അനേകം വസ്തുക്കൾ മുമ്പിൽ കാണുന്നു കുടം കലം ചട്ടി ഇങ്ങനെ അനേക വസ്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഈ വസ്തുക്കളെ എല്ലാം പ്രത്യേകം പ്രത്യേകം അറിയാൻ പറ്റുമോ നിരവധി ഒന്നിനെ അറിഞ്ഞാൽ ഈ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടതായി ഏതിന് മണ്ണിന് മണ്ണും അവിടെ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളുടെയും പരമകാരണം മണ്ണാണ് ഒരേ മണ്ണാണ് കുടമായും കലമായും ചട്ടിയായും ഇനി എത്രയെത്ര മൺപാത്രങ്ങളുണ്ടെങ്കിലും അവയൊക്കെയായി മുമ്പിലിരിക്കുന്നത് മണ്ണാണ് മണ്ണിനെ അറിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ അറിയപ്പെട്ടതായി എന്താ മണ്ണ് സത്യം മറ്റൊക്കെ വികാരോ നാമധേയം മൃത്തികയത്യവ സത്യം ഓരോന്നും മണ്ണിൻ്റെ ഒരു രൂപം മണ്ണിൻ്റെ രൂപം പുതിയ വസ്തുണ്ടാവുന്നുണ്ടോ ഇല്ല മണ്ണിനൊരു രൂപം വികാരം നാമധേയം ഒരു പേര് വികാരോ നാമധേയം എല്ലാ പാത്രങ്ങളിലും മൃത്തികൈത്യേവ സത്യം സത്യമെന്താ മണ്ണ് ത്രത്തിലും ഈ രൂപവും നാമവും കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും നേരത്തെ ഇല്ലാതായിരുന്നിട്ട് മണ്ണിലുണ്ടെന്ന് തോന്നി ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും പുതിയ വസ്തുല്ല മണ്ണ് കുടം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അങ്ങനെ ഒരു വസ്തുല്ല മണ്ണിലെ ഒരു രൂപം മാത്രമാണ് കുടം ഒടുവിലതില്ലാതാവുന്നു അപ്പോഴും മണ്ണ് ബാക്കിയുണ്ട് വസ്തു അതാണ് വസ്തു അത് ബാക്കി കാണും അപ്പോൾ എന്തായാലും ഇവിടെ വസ്തു രൂപം നാമം ഈ മൂന്ന് ഘടകം വസ്തുവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ ആയിരിക്കുന്ന വളരെ നമുക്കിത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ മനസ്സിലാക്കാൻ കുടവും കട്ടിയും ചിലവുമൊക്കെ കലവുമൊക്കെ നമ്മൾ ദിവസേന അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്ന പദാർത്ഥങ്ങളല്ലായി അപ്പോൾ കുഞ്ഞെ മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുള്ള സകല കാഴ്ചകളെയും അറിഞ്ഞു എങ്ങനെ വികാരോ നാമധേയം ഒരു രൂപം ഒരു പേര് മൃത്തികത്തേവ സത്യം മൃത്തിക മണ്ണ് മണ്ണെന്നുള്ളതാണ് സത്യം അതുപോലെ ഈ രകത്തിൽ കാണപ്പെടുന്ന എനർജിയുടെ സ്പന്ദനം പ്രാണസ്പന്ദനം പ്രാണസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ആയി കാണപ്പെടുന്ന കാഴ്ചകൾ ഇവയിൽ പൊതുവായുള്ള വസ്തുവെന്ത് വസ്തു അറിയപ്പെട്ടാൽ സൂര്യചന്ദ്രന്മാർ വരെ അറിയപ്പെട്ടു രണ്ട് ദൃഷ്ടാന്തങ്ങൾ കൂടെ അച്ഛൻ മകൻ പറഞ്ഞു കൊടുക്കുന്നു രണ്ടാമത്തേത് സ്വർണം സ്വർണം കൊണ്ട് നിരവധി ആഭരണങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഒരു സ്വർണ്ണക്കടയിൽ നമ്മൾ ചെന്ന് കയറിയാൽ നിരവധി കാഴ്ചകൾ നിരവധി പദാർത്ഥങ്ങളുണ്ടെന്ന് തോന്നും പക്ഷെ സമീപിച്ചാലോ ഒരൊറ്റ പദാർത്ഥം ബാക്കിയൊക്കെ വികാരോ നാമധേയം രൂപം പേര് സ്വർണം മാത്രം വസ്തു അപ്പോൾ സ്വർണ്ണമറിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആഭരണങ്ങളൊക്കെ അറിയപ്പെട്ടു എന്താ സ്വർണത്തിൽ ഒരു രൂപം ഒരു പേര് വീണ്ടും ഇരുമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ അതും അച്ഛൻ പ്രത്യേകം പറയുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ ഇരുമ്പുകൊണ്ട് നിരവധി പാത്രങ്ങൾ പക്ഷെ നിരവധി വസ്തുക്കളുണ്ടോ ഇല്ല പിന്നെ ഇരുമ്പ് പാത്രം പലത് കാണുന്നതോ ഇരുമ്പിൽ ചില രൂപങ്ങൾ ചില പേരുകൾ രൂപവും പേരും അണു പോലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല ഇതാണ് അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് മനസൈവേദ വാർത്തവ്യം നേഹനാനാസ്തി കിഞ്ചന ലേശം പോലും പലതില്ല ഇപ്പം സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുന്നിടത്ത് വസ്തു സ്വർണം മാത്രം ലേശം പോലും സ്വർണ്ണത്തിൽ നിന്നും ഭിന്നമായൊരു വസ്തു അവളെ കണ്ടെത്താൻ ഒക്കെ ഇല്ല ഇതുപോലെയാണ് മകനെ ഈ ജഗത്തിൻ്റെയും കാരണം ഈ ജഗത്തിൻ്റെ പരമകാരണം കണ്ടുപിടിക്കൂ അത് ഭാഗവതത്തിൽ വിഷ്ണു ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ ആഭരണങ്ങൾ ഇരിക്കുന്നു ആഭരണങ്ങളുടെ പരമകാരണം സ്വർണം എങ്ങനെ അറിയാം ിൽ ആഭരണങ്ങളുണ്ട് ഏത് ഇല്ലെങ്കിൽ ആഭരണങ്ങളില്ല ആ വസ്തുവിനെ കണ്ടുപിടിക്കൂ അതാണ് പരവും കാരണം അതാണ് വസ്തു മറ്റൊക്കെ വെറും തോന്നൽ നാം ഒരു എന്താ സ്പഷ്ടമല്ലേ ഇതൊന്നും ഇതൊന്നും വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കുക ഇത് മനസ്സിലാക്കി വെച്ചാലുള്ള ഗുണമെന്താ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ ശാസ്ത്രീയമായ സത്യം അണുപോലും സംശയമില്ലാതെ ഇതാ നമ്മുടെ ഉള്ളൻ കയ്യൽ തെളിയുന്നു അത്രേ ഉള്ളു അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അപ്പോൾ അങ്ങനൊരു വസ്തുണ്ടോച്ചാ എന്താണത് അത് സദൈവ സൗമ്യ ഇതമഗ്രെ ആസീത് ഏകമേ അദ്വിതീയം എന്താണ് സദൈവ സൗമ്യ സത്ത് സത്തെന്ന് പറഞ്ഞാലോ ഉണ്മ ഉണ്ട് എന്ന അനുഭവം സ്വരൂപമായുള്ള ബോധം അതാണ് സത്ത് അതാ സത്ത് സത്ത് എന്ന് കേട്ടാൽ ഉണ്ട് ഉണ്മ ഉണ്മ അനുഭവമായുള്ള ബോധം ദൂരെയൊന്നും പോണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഞാൻ ഞാൻ എന്താ ഉണ്മ ഞാനുണ്ട് നല്ല അനുഭവം അ ഞാൻ എൻ്റെ ഉണ്മയെ അറിയാൻ മറ്റൊരു വസ്തു ആവശ്യമില്ല അത് അതിൻ്റെ ഉണ്മയായി അറിയുന്നു അതാണ് അതിൻ്റെ മഹത്വം നേരെ മൃച്ചി മേശയെ ഉണ്ടെന്നറിയണമെങ്കിൽ ഞാൻ വേണം നേരെ ഉണ്ടെന്നറിയാൻ വേറൊന്നിൻ്റെയും സഹായം വേണ്ട അപ്പോൾ ഞാൻ ഉണ്മ അനുഭവമായിട്ടുള്ള സ്വരൂപമായി അതുകൊണ്ടാണ് ജീവൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് ഘടകുട്യാധികം സർവം മൃത്തിക മാത്രമേ വഹി തദ്വ ബ്രഹ്മജഗത് സർവം ഇതി വേദാന്ത ഡിണ്ടിമഹ കൊടം കലം ചട്ടി ഇതെല്ലാം മണ്ണു മാത്രം അതുപോലെ ഈ ജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഗത്ത് എന്താണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം ബ്രഹ്മത്തെ തെറ്റിദ്ധരിക്കുന്ന ബോധം ബോധമാണ് എന്തുകൊണ്ട് ഏതുണ്ടെങ്കിൽ ഇതൊക്കെയുണ്ട് ബോധം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും പ്രാണസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള കാഴ്ചകളും ഏതുണ്ടെങ്കിൽ ഉണ്ട് എവിടെ ആയാലും എവിടെ ആയാലും ആർക്കായാലും എപ്പോഴായാലും ഇതാണ് വിഷ്ണുപെരുമാവിനോട് പറയുന്നത് ഏതാവദേവ ജിജ്ഞാസ്യം എടോ ഇത്ര മാത്രമേ അന്വേഷിക്കാനുള്ളൂ ഞാൻ അത്ഭുതപ്പെടുന്നു വാസ്തവത്തിൽ ഇത്ര ലളിതമായ സത്യം നമ്മുടെ അങ്ങേറ്റത്തെ ശാസ്ത്രജ്ഞന്മാർ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എവിടെ ആയാലും നിങ്ങൾ ചന്ദ്രനെ പോയാലും ശരി സൂര്യനെ പോയാലും ശരി സത്യം അതാണ് ഏതുണ്ടെങ്കിൽ ചന്ദ്രനുണ്ട് ബോധം അതുകൊണ്ട് ചന്ദ്രൻ എന്താണ് ബോധം അതറിഞ്ഞോണ്ട് ചന്ദ്രനെ പോകും ഒരു കുഴപ്പമില്ലല്ലോ സൂര്യനും അതുതന്നെയാണ് ശക്തിയുടെ ഓരോ സ്പന്ദനവും അത് അതാണ് തത്വമശ്രീ നീ നീ എന്ന് പറഞ്ഞാൽ ഈ ജീവൻ ഞാൻ ഞാൻ ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ജീവൻ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ബ്രഹ്മം സത്യം ബോധം സത്യം ജഗത്തെന്ന് പറയുന്ന നാമരൂപങ്ങൾ മൂന്ന് ഘടകമുണ്ടല്ലോ ബോധം നാമം രൂപം നാമരൂപങ്ങൾ മിഥ്യ ചെപ്പുണ്ടെന്ന് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും നേരത്തെ ഇല്ലായിരുന്നു ഇടയ്ക്കുണ്ടെന്ന് തോന്നി കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവും നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് മാത്രം അണു പോലും മറ്റൊരു പുതിയ വസ്തു ഉണ്ടാകുന്നില്ല ഇത് വേദാന്തത്തിൻ്റെ പെരുമ്പറ കോഷമാണ് അണു പോലും മറ്റൊരു വസ്തു ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ ബോധം എത്ര എളുപ്പം നമുക്കെന്താ വേണ്ട ഇതൊക്കെ ബോധമാണ് ബ്രഹ്മമാണ് എന്നപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം ഈ ശാസ്ത്ര സത്യം എന്തുകൊണ്ട് ബ്രഹ്മമില്ലയോ മയക്കില്ല തീർച്ചയായും ബ്രഹ്മമില്ലേ മേശയില്ല സൂര്യചന്ദ്രന്മാരില്ല ശക്തിസ്പന്ദനമില്ല ആർക്കെങ്കിലും എൻ്റെ സംശയമുണ്ടോ ബ്രഹ്മാവിന് വിഷ്ണു പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ യാതൊരു എന്നിട്ട് വിഷ്ണു ബ്രഹ്മാവിനോട് പറയുന്നയാളോ ഇത് ഇത് ആവർത്തിച്ച് ചിന്തിച്ചുറപ്പിക്കൂ എന്നിട്ട് ഇയാളെ സൃഷ്ടിക്കുകയോ സംഭരിക്കുകയോ എന്തു വേണോ ചെയ്തോളൂ ഈ സത്യത്തിന് മാറ്റമില്ല ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികല്പേഷുത വിമുഖ്യത്തി ഇത് ഭാഗവതം ഈ മതം നല്ല ഉണ്ണ ഉറപ്പിച്ചോളൂ എന്നിട്ട് സൃഷ്ടിക്കുകയോ സംഹരിക്കുകയോ സംഹരിക്കുന്ന എന്ത് സംഭരിക്കാൻ ഒട്ടും ഭയപ്പെടാനില്ല ആരെ സംഭരിക്കാൻ മിഥ്യയായ നാമരൂപങ്ങളെ അതായത് ഗീതയിൽ ഭീഷ്മര റോൺമര ആ കാഴ്ചകൾ ഒരു മിഥ്യ ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും ഏത് ഭീഷ്മരായാലും ശരി ദ്രോണരായാലും ശരി പക്ഷേ അവരിലിരിക്കുന്ന ആത്മതത്വം അതൊരിക്കലും ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഈ ബോധം അവരൊക്കെ ബോധമെന്നറിയൂ സർവം ബ്രഹ്മമയം എന്നറിയൂ എന്തിന് ഇങ്ങനെ ബോധത്തെ അറിഞ്ഞാൽ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി ബോധത്തെ അറിഞ്ഞു സൂര്യൻ അറിയപ്പെട്ടതായോ അറിയപ്പെട്ടതായേ എന്നോടൊരാൾ എന്ന് ചോദിക്കുകയാണ് സാറ് നിങ്ങൾക്ക് വലിയ എല്ലാം അറിഞ്ഞു അതെല്ലാം അറിഞ്ഞു ഓരോ സംശയമില്ല എന്താ സൂര്യൻ ബോധത്തിലെ ഒരു ആ കാണുന്നത് രൂപം വസ്തുബോധം പേര് സൂര്യൻ അപ്പോൾ ബോധം വസ്തുവിൽ സൂര്യൻ എന്ന രൂപവും സൂര്യൻ എന്ന പേരും തൽക്കാലം കുറേ കഴിഞ്ഞില്ലാതാവും മോഡേൺ സയൻസ് എന്നെ പറയുന്നു സൂര്യൻ തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഈ സൂര്യൻ ഇതുപോലെ എണ്ണമറ്റ സൂര്യന്മാർ എണ്ണമറ്റ സൂര്യന്മാർ പക്ഷെ അവിടുത്തെ ബോധം വസ്തു തണുത്തുറയില്ല ഈ നാമവൻ രൂപവും തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതതിൻ്റെ സ്വഭാവമാണ് നാം അവൻ രൂപം കുറേ കഴിയുമ്പോൾ ഉടഞ്ഞ് ഇല്ലാതോ കൊടം കൊടം എന്നു വരിക്കും എനിക്കില്ലല്ലോ അപ്പോൾ ബ്രഹ്മസത്യം ഈ അനന്തകോടി ഇത് മനസ്സിലാക്കിയാൽ പലർക്കും ഈ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുമ്പോൾ ഒരു വേവലാതി ഉണ്ട് വേവലാതിപ്പെട്ടതുകൊണ്ടൊന്നും സത്യം കിട്ടില്ല നല്ല ലളി ലളിതവുമായ സത്യം ധൈര്യമായിട്ട് സമീപിക്കുക സമീപിക്കുക ബ്രഹ്മസത്യം ബോധം സത്യം എന്തുകൊണ്ട് ബോധമുണ്ടോ ജഗത്തുണ്ട് ബോധമില്ലേ ജഗത്തില്ല ജഗത്ത് നാമരൂപം മിഥ്യവും ജഗൻ മിഥ്യ ജഗത്തില്ല തൽക്കാലം ഉണ്ടെന്ന് തോന്നുന്നു ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളത് എളുപ്പം പിടി കിട്ടും അല്ലെങ്കിൽ ജഗന്മിഥ്യ എന്ന് പറയുമ്പോൾ അയ്യോ ഈ ഈ ജഗത്തില്ലെന്നോ ഹിന്ദു പറയാനാണ് അത് ഇല്ല എന്നുള്ളത് വേദാന്തത്തിൻ്റെ പെരുമ്പറാഘോഷം ആർക്ക് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റും ഇന്നലെ ഇല്ല ഇന്നുണ്ടെന്ന് തോന്നുന്നു നാളെ ഇല്ലാതാവുന്നു ഇതാണ് ഇപ്പോൾ ബ്രഹ്മസത്യം ഇതും ഓർമ്മിച്ചോളുക ബ്രഹ്മസത്യം ബ്രഹ്മ ബോധം ജഗൻ മിഥ്യ ജീവോ ബ്രഹ്മയോ ജീവൻ ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ പ്രകടമാവുന്ന ജീവൻ ബ്രഹ്മം തന്നെ എന്തുകൊണ്ട് ജീവന് ഉണ്ടെന്നറിയാൻ മറ്റൊന്നിൻ്റെ സഹായം ഉണ്ട് തനിയെ ഉണ്ടെന്നറിയുന്നു ഞാനുണ്ട് അറിയുന്നു അതുകൊണ്ട് ജീവൻ ്രഹ്മം തന്നെ അനയനവേദ്യം സത്ശാസ്ത്രം ശ്രീശങ്കരഭവത്പാദൽ പറയുന്നതാണ് ഇത്രയേ ഉള്ളൂ ഈ ജഗത്തിൻ്റെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട ജഗത്തിൻ്റെ ശാസ്ത്രീയമായ സത്യം ഇനി ഏത് ശാസ്ത്രജ്ഞൻ എത്ര പരീക്ഷണങ്ങൾ നടത്തിയാലും എവിടെയൊക്കെ കയറി ഇറങ്ങിയാലും ഇതിൽ കവിഞ്ഞൊരു ശാസ്ത്രീയ സത്യം കിട്ടാൻ പോകുന്നില്ല ഇത് നമ്മുടെ ഉപനിഷത്തുകൾ പണ്ട് പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള ശാസ്ത്രീയ സത്യം ബ്രഹ്മസത്യം ഓർമ്മിച്ചുള്ള ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപുരാ ജീവൻ ബ്രഹ്മം തന്നെ നാപുരാ അനേനവേദ്യം സശാസ്ത്രം ഇത്രയും കൊണ്ട് നിലനിൽപ്പിൻ്റെ ശാസ്ത്രം തീർന്നു എത്ര സിമ്പിൾ നിലനിൽപ്പിൻ്റെ ശാസ്ത്രം തീർന്നു ആര് പറയുന്നു ഇതി വേദാന്ത ഡിണ്ടി മഹ ഇത്രയുമൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ശിവനാണോ സത്യം ബ്രഹ്മാവാണോ വിഷ്ണുവാണോ ഒരു സംശയവുമില്ല അവരൊക്കെ സത്യം തന്നെ സത്യത്തിലെ നാമരൂപങ്ങൾ ശിവൻ ഒരു നാമരൂപം കൃഷ്ണൻ വേറൊരു നാമരൂപം അത് വരും പോവും വരും സത്യമായി ആരാധിക്കുന്നതിന് വിരോധമില്ല അവരും സത്യം തന്നെ പക്ഷേ ആ പ്രത്യേക രൂപം മാത്രമാണ് സത്യം എന്ന് കരുതരുത് എല്ലാ രൂപങ്ങളും ബോധത്തിൽ തന്നെ ഏത് രൂപത്തെ വേണോ ബോധമായി തൽക്കാലം ആരാധിക്കാം പക്ഷേ ആ ആരാധന കൃഷ്ണൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ടോ നതുമാം അഭിജാനന്തി തത്വേന ആരാധന പക്ഷേ എന്നെ താത്വികമായി വേണ്ട പോലെ അറിയുന്നില്ല അത ശവന്തി അതുകൊണ്ട് അവർ താഴോട്ട് പോരുന്നു അവർ കാമക്രോധ ലോഭാദികളിലൊക്കപ്പെട്ട് ഏത് ദൈവത്തെ ഭജിച്ചാലും ശരി ഭജിക്കുമ്പോൾ തന്നെ കാമക്രോധ ലോഭങ്ങളും തമ്മിലടിയും അതാണല്ലോ മതങ്ങൾ പ്രത്യേകം പ്രത്യേകം രൂപങ്ങൾ ഭജിക്കുന്നു ഒരേ മതത്തിൽ തന്നെ ഒരേ രൂപത്തെ ഭജിക്കുന്നവർ തമ്മിലടിക്കുന്നു കാരണം ശാസ്ത്രീയ സത്യമല്ല അത് താൽക്കാലികമായ ഒരു ഭ്രമം മാത്രമാണ് ഒരാരംഭമെന്ന നിലയിൽ ആ ഒരു രൂപത്തെ സത്യമായി മനസ്സിനേകാഗ്രത കിട്ടാൻ വേണ്ടി മാത്രം ഭജിക്കുന്നതിന് ദോഷമില്ല അതല്ല ശ്രീരാമകൃഷ്ണന്റെയും മറ്റും ജീവിതം നോക്കുക അദ്ദേഹം നാൽപ്പത് കൊല്ലുകളാണ് ദേവിയെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടു നടന്നത് ഉടൽ തോത്താപുരി ഈ അദ്വൈത സത്യം ബ്രഹ്മസത്യം പഠിപ്പിക്കാനായിട്ട് എത്തി എത്തിയപ്പോൾ തോത്താപുരി നിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ നാമരൂപങ്ങളും പുറന്തള്ളു എല്ലാം പുറന്തള്ളി പക്ഷെ അമ്മയുടെ രൂപം പോകുന്നില്ല കാരണം പത്ത് നാൽപ്പത് കൊല്ല കൊല്ലമായിട്ട് ഇങ്ങനെ അമ്മയുടെ രൂപം പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടു ഇത് വളരെ ശ്രദ്ധിക്കണം ഈ ഏതെങ്കിലും നാമരൂപത്തിൽ അങ്ങോട്ട് മനസ്സുറച്ചു പോയാൽ പിന്നെ അത് വിടാനും വലിയ പ്രയാസമാണ് വലിയ പ്രയാസമാണ് അപ്പോൾ തോത്താപുരിക്ക് ദേഷ്യം വന്നു നിൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു കണ്ണാടി ചെല്ലിൻ്റെ ആഗ്രഹമെടുത്ത് പുരിക കൊടിയുടെ ഊന്നിക്കൊണ്ട് ഇവിടെ ഏകാഗ്രപ്പെടും എന്നുവെച്ചാൽ ഏകാഗ്രതയ്ക്ക് ഭാവിക്കുമ്പോൾ അമ്മ വന്ന് നിൽക്കുന്നു രാമകൃഷ്ണൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യട്ടെ ഞാൻ മറ്റെല്ലാം വിട്ടു അമ്മയുടെ രൂപം വിടായിരിക്കുമ്പോൾ അമ്മ മുമ്പ് വന്ന് നിൽക്കുന്നു ഞാനെന്ത് ചെയ്യട്ടെ പോകുന്നില്ല അപ്പോഴാണ് തോത്ത അവർക്ക് ദേഷ്യം വന്നത് ദേഷ്യപ്പെട്ട് പരിഹരിച്ചൊന്നും നിൻ്റെ അമ്മ ആ വിട്ടേകൾ അത് പറഞ്ഞൊരു കണ്ണ ആ ഇവിടെ ഏകാഗ്രപ്പെടാൻ ഏകഗ്രപ്പെട്ടു അമ്മയുടെ രൂപം രണ്ടായി പിളർന്ന് രണ്ടു വശത്തേക്കും മാറിക്കൊടുത്തു എന്നാണ് ഇതൊക്കെ ഒന്ന് വായിച്ചെങ്കിലും മനസ്സിലാക്കി വെക്കുക ഏത് രൂപം ഭജിക്കുന്നതിനും വേദാന്തം എതിരല്ല ഒരു പ്രാഥമിക സാധന എന്ന നിലയിൽ മനസ്സിനെ ഏകപ്പെടുത്താൻ നിശ്ചയമായി ഏത് രൂപമോ അകാം എല്ലാ രൂപവും ഈശ്വര രൂപം തന്നെ ബോധത്തിലല്ലാതെ ഒരു രൂപത്തിന് പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല പക്ഷേ അതാണ് പൂർണ്ണ സത്യം എന്ന് ധരിച്ചേക്കരുത് അഖണ്ഡ ബോധമാണ് സത്യം അപ്പോൾ ഒടുവിൽ ശ്രീരാമകൃഷ്ണൻ ആ അമ്മയുടെ രൂപം കൊണ്ട് മാറ്റി നിർവികൽപ്പാന്തര നിർവികൽപ്പ സമാധിയിൽ മുഴുകയും എല്ലാം പുറമെല്ലാം ഒന്നും അറിയാത്ത മൂന്ന് ദിവസം അങ്ങനെ ഇരുന്നു മൂന്ന് ദിവസം തോത്താപുരിക്ക് വലിയ സന്തോഷമായി തൻ്റെ ശിഷ്യൻ യഥാർത്ഥ സത്യത്തിൽ ചെന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി മൂന്ന് ദിവസം കാത്തിരുന്നു തോത്താപുരി ഉണരും എന്ന് വെച്ചു ഉണർന്നില്ല മൂന്ന് ദിവസം ഈ നരവുകൽപ്പസമാധയിൽ തന്നെ ഇരിക്കുകയാണ് ഇനി അങ്ങനെ ഇരുത്തി ഇരുത്തിയാൽ പറ്റില്ലല്ലോ വെച്ചാൽ കൂടുതലിരുന്ന് പോയാൽ ചിലപ്പോൾ ഈ ശരീരം അങ്ങ് വിട്ടി വന്നു എന്ന് വരും അദ്ദേഹം ചെന്ന് പ്രണവം അത്യുച്ചത്തിൽ പ്രണവമുച്ഛരിച്ച് ശ്രീരാമകൃഷ്ണദേവനെ വീണ്ടും ഉണർത്തുകയാണ് അന്നുമുതൽ ശ്രീരാമകൃഷ്ണദേവന് സംശയമില്ല അമ്മയും ബ്രഹ്മം തന്നെയാണ് എല്ലാം ബ്രഹ്മം തന്നെയാണ് ചവരു ബ്രഹ്മം പിറ്റേ ദിവസം ആ ചവരിൽ ബ്രഹ്മം എല്ലാം ബ്രഹ്മം ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നു അപ്പോൾ നാമരൂപങ്ങളുടെ ആൾക്കൊക്കെ അപ്പുറത്തായി വസ്തുവായി നിൽക്കുന്നത് ബോധമാണ് ആ ബോധം ഇപ്പോൾ നീ തന്നെ ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ രൂപങ്ങളെയൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മം ബോധം നമ്മളെല്ലാവരും അത ഒന്ന് ശ്രമിച്ചു നോക്കണം ആ രൂപങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റുക മാറ്റണ്ട ഏത് രൂപവും ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കുക അപ്പോൾ എല്ലാം തനിയേ മാറിക്കൊള്ളും ഉള്ളിൽ ഏത് രൂപം വന്നാലും ബ്രഹ്മം മൈക്കിൻ്റെ രൂപം വന്നു ബ്രഹ്മം മൈക്കെന്നുള്ളതൊരു പേര് മൈക്കിലെന്താ സത്യം ബോധം ത്യം അതോട് മയക്കിൻ്റെ രൂപം വന്നു ആ ബ്രഹ്മം വളരെ സന്തോഷം അപ്പോൾ എന്താ ഗുണം മയക്ക് പോയിട്ട് മേശയുടെ രൂപം ബ്രഹ്മം നേരെ വെച്ചാൽ മാത്രമാണ് ബ്രഹ്മം എന്ന് വിചാരിച്ചാൽ മേശ ബ്രഹ്മമല്ലെന്ന് തോന്നും എല്ലാം ബ്രഹ്മം എല്ലാവരും പറയുന്നത് ഇതല്ലേ നമ്മളത് ചെയ്യില്ലെന്നുവെച്ചാൽ കൃഷ്ണനെന്ത് ചെയ്യും എടാ അർജുന സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പറഞ്ഞ ഇവിടെ എല്ലാവരും പറയുകേ പണ്ട് ഞാനിവിടെ ഒരിടത്തൊന്ന് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വേദാന്തം എന്ന് പറഞ്ഞുകൂടാം പിന്നെ എന്തറിയാം ഞങ്ങൾക്കൊരു കാര്യം മാത്രം അറിയാം സർവധർമാൻ പരിത്യജ്യ എന്ത് പരിത്യജ്യ ഒന്നും അറിഞ്ഞുകൂടാ അതാണ് അങ്ങനെ പറയാൻ ഒന്നും ഇവിടെ എങ്ങനെ സർവധർമ്മങ്ങളെയും പരിത്യജിക്കും ഒരു പ്രയാസമില്ല ഈ മേശയെ ബ്രഹ്മമാണെന്നോർമ്മിച്ചാൽ മേശ പരിത്യജിച്ചു മേശ പരിത്യക്കപ്പെട്ടു പിന്നെ എന്താ ഇവിടെ ഉള്ളത് ബ്രഹ്മം ബോധം അതുപോലെ എന്തു മുൻപിൽ കണ്ടാലും ബോധമാണ് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കുക ഈ സത്യം നമ്മളിപ്പോൾ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ സത്യം അങ്ങനെ ഓർമ്മിക്കുമ്പോൾ എല്ലാം പോയി യുദ്ധം ചെയ്യുമ്പോൾ സർവവും ഉപേക്ഷിച്ച് ബ്രഹ്മത്തെ ശരണം പ്രാപിക്കാൻ കഴിയും അതാണ് അർജുനനെ പഠിപ്പിച്ചത് യുദ്ധം ചെയ്തോ അമ്പെടുത്തോ ഇല്ലെടുത്തോ ഭീഷ്മരെയ്തോ അല്ലെങ്കിൽ ലോണരെ എഴുതോ എന്താ അമ്പ് ബ്രഹ്മം അമ്പില്ല ബ്രഹ്മം വസ്തു ബ്രഹ്മം അല്ലാതെ അമ്പെന്നൊരു വസ്തു ഇല്ല ദ്രോണരന്ധ ബ്രഹ്മം ഭീഷ്മരന്ധ ബ്രഹ്മം മറ്റെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പം പിന്നെ എന്താ ഉള്ളത് ബ്രഹ്മം യുദ്ധമോ ബ്രഹ്മം ബ്രഹ്മപൂജ യുദ്ധം കൃഷ്ണൻ തീർത്തു പറയുന്നുണ്ടേ യുദ്ധമെല്ലാം നീ എന്തി എന്നോ എല്ലാം ഈശ്വരപൂജ ബ്രഹ്മപൂജ യുദ്ധവും ബ്രഹ്മപൂജ പിന്നെ എന്ത് ഭയക്കാനിരിക്കുന്നു ആരെ കൊല്ലാൻ ആരെ കൊല്ലാൻ വാസ്തവത്തിൽ ഈ പരമമായ സത്യം ധീരമായി ഉൾക്കൊള്ളുക ഭയപ്പെടാതെ ഒരു കുഴപ്പം വരില്ല ധീരമായി സത്യം ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടിട്ട് കാലത്തെ യുദ്ധക്കളമാണെങ്കിൽ യുദ്ധക്കളം അടുക്കളയാണെങ്കിൽ അടുക്കള അങ്ങനെ ഗംഭീരമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അഹോ നാടകം നിഖിലവും ഇതിനെത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഇതാണ് തുമസി ഉദ്ദാലകൻ മകനെ പഠിപ്പിച്ചു അപ്പോൾ മകൻ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി ബോധം അതീവ സൂക്ഷ്മമല്ലേ ഈ സൂക്ഷ്മബോധത്തിൽ നിന്നും ഈ സ്ഥൂലമായ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ ഈ മുൻപിൽ നിൽക്കുന്ന ആൽവൃത്സം ഒരു പോലെ കൊടുങ്കാട് പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൾ വൃക്ഷം അതിൽ നിന്നൊരു കാബറച്ചുണ്ടാവറച്ചുണ്ടെന്നും അതിനെ പിളർക്ക് പിളർന്നു അതിൽ നിന്നൊരു തരിയെടുക്കൽ തരിയെടുത്തു അതിനേയും പിളർന്നു പിളർന്നു നീ എന്ത് കാണുന്നുണ്ട് ഞാൻ ഒന്നും കാണുന്നില്ല പക്ഷേ നിനക്കറിയാമോ നീ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്ന ഈ തരിയിൽ നിന്നാണ് ഈ വൻ കാടു പോലെ പടർന്ന് പങ്കലിച്ച് നിൽക്കുന്ന ആൽവൃക്ഷം ഉണ്ടായത് എനിക്ക് വിശ്വസിക്കാമോ അതായത് ഒന്നുമില്ലെന്ന് തോന്നുന്ന സൂക്ഷ്മമായ ബീജത്തിൽ നിന്നും സ്ഥൂലമായ ഈ ആൽവൃക്ഷം ഉണ്ടാകുന്നു വിദ്യാരണ്യസ്വാമികൾ പറയും സൂക്ഷ്മമായതിൽ നിന്നും സ്ഥൂലം മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവികളുടെ ശരീരം ഇവിടെ വലിയ ഗംഭീരന്മാർ ലോകം മുഴുവൻ കീഴടക്കി അങ്ങോട്ടിപ്പം ഹൈഡ്രജൻ പാമ്പുമൊക്കെ ഇട്ട് തകർത്ത് കളയും എന്ന് വാശിയെടുക്കുന്ന ആ ഭീമന്മാർ എവിടെ നിന്ന് ആ ഉണ്ടായത് സൂറും കണ്ണുകൾക്ക് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത പുരുഷ ബീജം മാതൃഗർഭത്തിൽ ചെന്നിട്ട് ഈ പുരുഷ ബീജമാണ് പിന്നെ വിദ്യാരണ്യസ്വാമികൾ പറയുന്നത് കയ്യൽ കാല നഖം തലമുടി എല്ലാവരും എത്ര വിചിത്രം ഇത് മുഴുവൻ ആ ബീജത്തിനകത്തത് അടങ്ങിയിരുന്നോ അടങ്ങിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇരുന്നില്ല എന്ന് പറയാൻ നോക്കുമോ ഉണ്ടല്ലേ ഈ രൂപം പുറത്തു രുന്നു അടങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അതിസൂക്ഷ്മമായ വസ്തുവിൽ എങ്ങനെയായത് ഇത്ര ഗംഭീരം എന്തെല്ലാം കോലാഹലമാണ് ഇവിടെ ഈ മനുഷ്യന്മാർ മന്ത്രിമാരെന്നു അത് ഇവരൊക്കെ ആദ്യം ആര വിദ്യണ്യസ്വാമികൾ ചോദിക്കുന്നത് അതാണ് ഏതസ്മാത് കിമി എന്തജാലം അപരം യദ്ഗർഭവാസസ്ഥിതം രേതശ്ചേതത്തി ഹസ്തമസ്തകതയാ പ്രോത്ഭൂത നാനാങ്കുരം പരിഗായണ ശിശുത്വ യൗവന ജരാവേശയിൽ അനയകീർത്ഥം പശ്യത്യത്തിശൃണോതി ജിഹൃത്തി കാണുന്നു കേൾക്കുന്നു ഇതൊക്കെ ആരാ ആ കണ്ണുകൊണ്ടുപോലും കാണാൻ കഴിയാതിരുന്ന പിതൃബീജം പശ്യത്യത്തിശൃണോതി ജിഹ്രതി തഥത്യഥി ഇതിനേക്കാളൊരു ഇന്ദ്രജാലം ഇവിടെ വേറെ എന്തുണ്ട് എന്തുണ്ട് ഇവിടെ ഇന്ദ്രജാലൊന്നും ഇല്ലെന്നല്ലേ പറയുക ഈ അതിസൂക്ഷ്മമായ പുരുഷ ബീജത്തിലൊന്നും ഇത്ര വൈചിത്രമാർന്ന രൂപങ്ങൾ ശരീരങ്ങൾ എങ്ങനെയുണ്ടായി ഓ അതൊക്കെ ഇപ്പം ഞങ്ങൾക്കറിയാം സാർ സെൽസും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് സെല്ലും മൾ ലോകിക്ക് എന്ത് ചെയ്താലും ശരിയായി ഒടുവിൽ രൂപം ഇതാവുന്നേ ഇതെല്ലാം അതിലുണ്ടായിരുന്നെങ്കിലല്ലേ പറ്റുള്ളൂ സെല്ലുകളും ഒക്കെ അതിൽ നിന്ന് വന്നെങ്കിലല്ലേ പറ്റുള്ളൂ ഇതാരാണ് ഇത്രയും ഒക്കെ അതിസൂക്ഷ്മമായി ഒളിച്ചു വെച്ചിരിക്കുന്നത് അത് അവിടെയാണ് ജഗതീശ്വരൻ ബോധം ജഗതീശ്വരൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ എവിടെ നിന്ന് ഉണ്ടായി വിദ്യാനണ്യസ്വാമികൾ ചോദിക്കുന്നത് ഈ മനുഷ്യ ശരീരം ആ പുരുഷ ബീജത്തിൽ നിന്നും എങ്ങനെ ഉണ്ടായി അതുപോലെ ഉണ്ടായി അതിസൂക്ഷ്മമായ എനർജിയുടെ സ്പന്ദനത്തിൽ നിന്നും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായി എങ്ങനെയെന്ന് ചോദിച്ചാൽ രീതിയിലുണ്ടായി അല്ല അല്ല അതെങ്ങനെയെന്ന് വെച്ചാൽ എന്താ എങ്ങനെയെന്ന് പറയാൻ കഴിയുക അതുകൊണ്ട് ഇതൊക്കമായ ഉള്ളത് ബോധം മാത്രം ഇനി എന്തെങ്കിലുണ്ടായാലും ഉള്ളത് ബോധം മാത്രം ഇതുപോലെയാണ് അതുപോലെയാണ് അച്ഛൻ പറഞ്ഞു ഈ ഈ ആലിൻ്റെ വിത്ത് മകനക്കറിയാമോ ഈ വിത്തിൽ നിന്നാണ് ഈ കാടുപോലെ പന്തലിച്ച് നിൽക്കുന്ന ആൽവൃക്ഷം ഉണ്ടാകത്ത് അതുപോലെ അതിസൂക്ഷ്മമായ ബോധവസ്തുവിൽ നിന്നും ഈ പ്രപഞ്ചമുണ്ടായി ഇനിയും ചില സംശയങ്ങൾ നല്ല ഒൻപത് സംശയങ്ങളാണ് അതൊക്കെ നല്ലവണ്ണം ചാന്തോക്കി ഉപനിഷത്ത് നമ്മളിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേദാന്ത ദർശനം മൂന്നാം ചാന്തോയ്ക്ക് ഉപനിഷത്ത് താറാധ്യായം വായിച്ച് വായിച്ചു നോക്കുക തത്വമസി അധ്യായം ഇനിയത്ത സംശയം എന്താ ഈ ബോധം എങ്ങും നിറഞ്ഞിരിക്കുന്നു എന്നല്ലേ പറയുക ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ബോധം കാണുന്നില്ലല്ലോ ആച്ചാ എങ്ങും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ സർവവ്യാപി സർവവ്യാപി ആണെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല ആ ബാച്ചൻ പറഞ്ഞു അത് ശരി നീ ഒരു കാര്യം ചെയ്യുന്നു വൈകുന്നേരത്ത് കുറച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ചു ആ വെള്ളത്തിലിട്ടിട്ട് ഒരു സ്ഥലത്ത് വെക്കാം എന്നിട്ട് കാലത്തെ എടുത്തോണ്ട് ആ ഉപ്പ് വെള്ളത്തിലിട്ട് അതി ലളിതമായ ചില എക്സ്പെരിമെൻസാണ് ഉപ്പ് വെള്ളത്തിൽ ഇട്ടു പിറ്റേ ദിവസം ആ പാത്രം എടുത്ത് അച്ഛൻ്റെ അടുത്ത് ഉണ്ടെന്നു നീ ഇന്നലെ ഇതിൽ ഉപ്പിട്ടതല്ലേ ഞാൻ ഉപ്പിട്ടൻ ഉപ്പ് അതിലെ നോക്ക് നോക്കി ഉപ്പ് കാണാനില്ല വെള്ളത്തിലിട്ടതാണ് ഉപ്പ് തൊട്ട് നോക്ക് അതിൽ ഞാനുണ്ടെന്നും ഇല്ല മണത്ത് നോക്ക് ഉണ്ടോ ഇല്ല ചെവി വെച്ച് നോക്ക് ശബ്ദിക്കുന്നുണ്ടോ ഇല്ല എല്ലാം നോക്കിയേ ഉപ്പില്ല ആ ശരി ഒരു ശകലം വെള്ളം വെച്ച് നോക്കൂ ആ ഉപ്പുണ്ട് അത് അതിൻ്റെ അടിയിൽ നിന്ന് എടുക്കും കുറച്ച് വെള്ളം ഉപ്പുണ്ട് ഒരറ്റത്തു നിന്നെടുക്കും ഉപ്പുണ്ട് ശ്വേതകേത്തവും ഈ വെള്ളത്തിൽ ഉപ്പ് സർവവ്യാപിയല്ലേ സർവവ്യാപി പക്ഷേ നിൻ്റെ നാലിന്ദ്രിയങ്ങൾ എന്തു പറയുന്നു ഇതിലുപ്പില്ലെന്നു നാലിന്ദ്രിയങ്ങൾ ഒരു ഇന്ദ്രിയം മാത്രമാണ് മാത്രമേ ഉപ്പുള്ളൂ എന്ന് പറയുന്നുണ്ട് നീ ഇതിലേത് വിശ്വസിക്കും നിൻ്റെ നാവ് പറയുന്നത് വിശ്വസിക്കുമോ മറ്റു നാലും തീർച്ചയായിട്ടും ഉപ്പുണ്ടാ എനിക്കതിൽ സംശയമേ ഇല്ല ഏത് നാലിന്ദ്രിയങ്ങൾ എത്ര ഗംഭീരമായി പറഞ്ഞാലും ഉപ്പുണ്ട് ആ എടാ മകനെ അതുപോലെ ഈ ബോധത്തെ ദൃശ്യത്തെ ത്വഗ്രിയ ബുദ്ധിയ ഉള്ളിൽ അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക് ഈ ബോധത്തെ സർവത്ര അനുഭവിക്കാൻ കഴിയും സർവത്ര എവിടെ നോക്കിയാലും ആ ഒരൊറ്റ ഇന്ദ്രിയത്തിനെ പറ്റൂ ബുദ്ധിഗ്രാഹ്യം ഗീത പറയുന്നു ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം മറ്റേന്ദ്രിയങ്ങൾക്കൊന്നും ബോധത്തെ കാണാൻ സാധ്യമല്ല പക്ഷേ ബുദ്ധിക്ക് സാധ്യമാണ് അതിസൂക്ഷ്മമായി അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്ന ബുദ്ധി സർവത്ര ബോധം നിറഞ്ഞു നിൽക്കുന്നതായി ഗംഭീരമായി അനുഭവിക്കുന്നു അതിൻ്റെ ഫലമായി ആനന്ദവും അനുഭവിക്കാൻ ഇടവരുന്നു ഇതാണ് ഇങ്ങനെ അച്ഛൻ ഒൻപത് പരീക്ഷണങ്ങളിൽ കൂടി വീണ്ടും വീണ്ടും ആവർത്തിക്കും ഐതതത്മനിതം സർവം തത്വമസിവേതകയത്വോ ശ്വേതകയത്തോ നീ ആ സത്യമാണ് എന്ന് എൻ്റെ ഒൻപതിനോർ ആവശ്യം ആവർത്തിച്ച് വിവരിക്കുന്നതാണ് ഈ തത്വമസി മഹാവാക്യം ഈ മഹാവാക്യത്തിൻ്റെ ത്വം നീ എന്ന പദത്തിൻ്റെ വിവരണമാണ് ഗീതയിലെ ആറ് അധ്യായങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധനാനുഷ്ഠാനങ്ങളിൽ കൂടി സത്യത്തെ സമീപിക്കേണ്ടത് എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ആറ് അധ്യായങ്ങൾ ആദ്യം തന്നെ സാഖ്യബുദ്ധി യോഗബുദ്ധി അതൊന്നും ബ്രഹ്മത്തിനല്ലോ ബ്രഹ്മത്തിന് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയുമൊക്കെ ജീവനാണ് ആവശ്യം ജീവൻ സാഖ്യബുദ്ധിയും യോഗബുദ്ധിയും ഉൾക്കൊണ്ടാൽ ഒരു കർമ്മം കർമ്മസന്യാസം അതൊക്കെ ജീവൻ അനുഷ്ഠിക്കേണ്ട സാധനങ്ങളാണ് ആ സാധനങ്ങൾ അനുഷ്ഠിച്ച് കഴിയുമ്പോൾ ഇത് ആറാം അധ്യായം എന്താധ്യാനം സമാധി അവിടെ ഈ ജീവൻ്റെ മനസ്സ് യുജന്യവംശദാത്മാനം യോഗി വിഗതകർമ്മശ സുഖയന ബ്രഹ്മസംസ്പർശം അത്യന്തം ഇതാറാം അധ്യായോഹണം ഇങ്ങനെ ഏകാഗ്രപ്പെടുന്ന ജീവന് ആ ബ്രഹ്മത്തിൽ മനസ്സ് ചെന്ന് പറ്റിയിട്ട് മനസ്സില്ലാതാവും ബ്രഹ്മം ബാക്കി നിൽക്കും സുഖേന ബ്രഹ്മസംസ്പർശം ബ്രഹ്മത്ത് വ്യക്തമായി സ്പർശിക്കുന്ന അത്യന്തം സുഖം ഒരിക്കലും നഷ്ടമാകാത്ത സുഖം ബ്രഹ്മസുഖം അനുഭവിക്കാതാകും അർജുന അതാണല്ലോ ഈ ആറാം അധ്യായത്തിൽ നമ്മൾ ധ്യാനം സമാധി ഒക്കെ ചർച്ച ചെയ്തത് അപ്പം ധ്യാനവും സമാധിയുമൊക്കെ ഈ ജീവൻ്റെ ബ്രഹ്മപ്രാപ്തി ജീവൻ വളർന്ന് വളർന്ന് എങ്ങനെ ബ്രഹ്മമായിത്തീരുന്നു അതായത് ത്വം തച്ച് നീ അത് തന്നെ നീ എങ്ങനെ അതാവുന്നു എന്ന് വ്യക്തമായി കാട്ടിത്തരുന്ന അധ്യായങ്ങളാണ് ആദ്യത്തെ ആറധ്യായങ്ങൾ ഇത് വെറും പ്രാണായാമമോ ധ്യാനമോ ഒക്കെ ശീലിക്കുന്നുകൊണ്ട് വിരോധമില്ല പക്ഷേ ഈ തത്വം ഗ്രഹിക്കുക ബോധം അത് ശാസ്ത്രീയമായി ചിന്തിച്ച് ഗ്രഹിക്കുക ബോധമാണ് സത്യം എന്നുള്ളത് പ്രാണായാമം ചെയ്തതുകൊണ്ട് കിട്ടില്ല ബോധമാണ് സത്യമെന്നുള്ളത് ദീപാരാധന നടത്തിയതുകൊണ്ടും കിട്ടില്ല രാപകൽ സഹസ്രനാമം ജപിച്ചതുകൊണ്ടും കിട്ടില്ല ബോധം അതിലിതം ലളിതം ബ്രഹ്മാവിനോട് കൃഷ്ണൻ വിഷ്ണു പറയുന്നില്ല ഇട ഏതുണ്ടെങ്കിലിതുണ്ട് ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കൂ ഏതുണ്ടെങ്കിൽ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് വേണമെങ്കിൽ ആരറിയാവുന്ന ഒരാളോടുകൂടി അല്പം ചർച്ച ചെയ്തു കൊടുക്കും ബോധമുണ്ടോ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ഞാനുണ്ട് മേശമുണ്ട് കസേര ഉണ്ട് ബോധമില്ലയേ ബോധമില്ലാത്തിടത്ത് ഏതെങ്കിലും ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയുമെന്ന് പറ്റുമെങ്കിൽ ഏത് ഗംഭീര ശാസ്ത്രജ്ഞനെങ്കിലും തെളിയിക്കട്ടെ ഒരുത്തർക്കും പറ്റില്ല ഞാനിത് വളരെക്കാലം അങ്ങനെ പരീക്ഷിച്ച് തന്നെ നോക്കുകയും പലരോടും വാദപ്രതിവാദം ചെയ്ത് നോക്കുകയും ഒരുത്തർക്കും പറ്റില്ല നമ്മൾ ഇതിനെ കൊണ്ട് ബോധമുണ്ടോ എല്ലാം ഉണ്ട് ഇത്രയേ ഉള്ളൂ ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം ബോധം എഴുതിയിട്ടുള്ള ബോധമുണ്ടോ എല്ലാം ഉണ്ട് ബോധമില്ലേ ഒന്നുമില്ല അതുകൊണ്ട് അത് കാണുന്നതെല്ലാം ബോധം ആരുമായിട്ടോ തർക്കിച്ചു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ഇവിടെ വന്ന് ചോദിക്കുക നമുക്ക് മാറ്റാം ഇത്ര എളുപ്പം പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രീയ സത്യം സംശയരഹിതമായി നമ്മുടെ കയ്യിലെത്തുന്നു ഇത് മനസ്സിലാവുമ്പോഴേ ഈശാവാസ്യമിതം സർവം യത്കിഞ്ചെല്ലാവരും കൂടെ കൂടെ ആവർത്തിക്കുന്ന ഒരു പനിഷൻ മന്ത്രമാണ് ഈശാവാസ്യമിതം സർവം ഈ കാണുന്നതൊക്കെ ഈശാവാസം എന്ന് വെച്ചാൽ ബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു യത്കിഞ്ച ജഗത്യാ ജഗത്ത് ഇവിടെ ജഗത്തായി എന്തെന്തൊക്കെ കാണുന്നുവോ അതൊക്കെ ബോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇത്ര ലളിതം ബാക്കി എന്ത് വേണോ ചെയ്തുകൊള്ളുക കൃഷ്ണൻ പറയും പോലെ യുദ്ധമാണെങ്കിൽ യുദ്ധം പക്ഷേ ആ യുദ്ധം പോലും ഈശാവാസ്യത സർവം എന്ന് ഓർമ്മിച്ചുകൊണ്ട് മാം അനുസ്മര യുദ്ധ സർവേഷു കാലേഷു മാം അനുസ്മര എപ്പോഴും എന്നെ ഓർമ്മിച്ചോളൂ സർവം ബ്രഹ്മമായ ആ ഭീഷ്മരുടെയല്ല ദ്രോണരുടെ ആരുടെ ആരുടം നോക്കിയോ അമ്പയച്ചോളൂ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇതാണ് ഗീതയുടെയും ചുരുക്കം എന്തായാലും ഗീത തത്വമസി മഹാവാക്യത്തിൻ്റെ വിവരണമാണ് ആദ്യത്തെ ആറധ്യായങ്ങൾ നീ എന്ന ജീവഭാവത്തിൻ്റെ ബ്രഹ്മപ്രാപ്തിക്കുള്ള വിവരണമാണ് അടുത്ത ആറാധ്യായം ബ്രഹ്മത്തെ തന്നെ നേരിട്ട് വിവരിക്കുകയാണ് അത് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അത് അടുത്ത ആറാധ്യായം നമ്മളെടുക്കുമ്പോൾ ക്രമേണ നമ്മൾ ചർച്ച ചെയ്യും വളരെ ലളിതമാണ് വേദാന്തം ഒന്നും തള്ളിക്കളയാതിരിക്കുക ഏ വേദം തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഭക്തിമതി ഭക്തി ഭക്തിയാണ് വേണ്ടത് ശരിയായ ഭക്തിയായിരിക്കണം വെറൈ കള്ള ഭക്തി ഉള്ളതും ഗുരുവായൂരപ്പൻ പ്രസാദിക്കയില്ല ശരിയായ ഭക്തി ഗുരുവായൂരപ്പൻ ആ നിമിഷം പ്രസാദിക്കും നമ്മളെ അടുത്തു വന്ന് നിനക്കെന്താണ് വേണ്ടത് എന്ന് ചോദിക്കും അതിനുള്ള കരുത്ത് നമുക്കൊക്കെ ഉണ്ടാകുവാറാകട്ടെ ജഗതീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇരുപത്തെട്ടാം തീയതി നമ്മളെ ചർച്ചയില്ല കാരണം പൊങ്കാലയാണ് ഇനി ഏഴാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം ആദ്യ ദിവസം ജ്ഞാനം രണ്ടാമത്തെ ദിവസം വിജ്ഞാനം ഇത് മാർച്ച് ഏഴാം തീയതി ജ്ഞാനം മാർച്ച് പതിനാലാം തീയതി വിജ്ഞാനം രണ്ട് ക്ലാസ് മാർച്ച് ഏഴാം തീയതി പതിനാലാം തീയതിയും എടുക്കും ഭഗവാൻ എല്ലാവരെയും തത്വമസി അനുഭവിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ